കഠോവംശത്ത് പതിനേഴാമത്തെ മന്ത്രമാണ് നദികേതസിന് ആവശ്യപ്പെടാതെ തന്നെ ഒരു വെള്ളം കൂടി കൊടുത്തു ഈ അഗ്നിവിദ്യ നദികേതസിന്റെ പേരിൽ അറിയപ്പെടും അതോടൊപ്പം പറഞ്ഞു എന്താണ് ഒരു മാല രത്നമായ ഒരു മാല അത് കഴിഞ്ഞ് ആ കർമ്മത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന നടത്തു വരുന്ന മന്ത്രങ്ങൾ അടുത്ത പതിനേഴാമത്തെ മന്ത്രം തൃണാചിക്കേത്രി സന്ധ്യം സ്ത്രീകർമ്മരതി ജന്മമൃത്യുവും ീഢ്യം വിയേമാൻ ശാന്തികേതൃ സന്തി ു ദീഢ്യം വിചാമാൻ ശാന്തി അത്യന്തം ജന്മമൃത്യു ബ്രഹ്മജ്ഞം ദമേജ്യം വിധിമാന്തിമത്യന്ത पुनर अभि कर्मस्तुतिमेव आहा மீண்டும் કર્મസ്തുതിमेव नो कर्मस्तुति denneyanuḷa parayunadu 17 avata mantratinu trinaavachi ketaha trih krutva naajigedo agnih chidoh yena sat salavachidetha sadvigyanam anva ക്രിനാചികേത എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്ന ആദ്യത്തെ പദമാണ് ത്രിനാചേത അതിന്റെ അർത്ഥമാണ് ത്രി കൃത്വയായി നാചികേതോ അഗ്നി ചിതോയ ഇവിടെ പറയുന്ന നാചികേതം എന്നുപേരുള്ള ഈ അഗ്നി എന്ന് പറയുന്ന കർമ്മം ആരാണോ ചെയ്തത് അഗ്നി ചിതോ ഈ അഗ്നി എന്ന് പറയുന്ന കർമ്മം ാലാണോ ചെയ്യുന്നത് നിജ കമ്മു വാസന കൂടെ ചേരുന്നിട്ടാണ് ജാഗത്ത് എഴുന്നൂറ്റി ഇരുപത് പകലും രാത്രി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി വരും പകലും രാത്രിയും കൂടെ എഴുന്നൂറ്റി ഇരുപത് ഹിസ്റ്റികളാണ് ഉപയോഗിക്കുന്നത് അത് പകലിന്റെയും രാത്രിയുടെയും പ്രതീകമായി അതിന് മന്ത്രോച്ചാരണത്തോടുകൂടി അതിനെ അതിന്റെ ക്രമത്തിലടിക്കുക അതോടൊപ്പം തന്നെ ഇത് കാലത്തിന്റെ പ്രതീകമാണ് കാലം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഒരു വർഷമാണ് ഒരു വർഷമെന്ന് ഇരട്ടിയാകും പകലും രാത്രിയും വേറെ വേറെ കണക്കാക്കുന്നു അപ്പോൾ പകലിനും രാത്രി വേറെ വേറെ കണക്കാക്കുമ്പോൾ അതിനു വേണ്ടി എഴുന്നൂറ്റി ഇരുപത് ഇഷ്ടികളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പകലിന്റെയും രാത്രിയുടെയും പ്രതീകമാണ് ഈ ഇഷ്ടികൾ എന്ന് പറഞ്ഞ് ഇതിനെ സംവത്സരമായി ധ്യാനിക്കുക ഉപാസിക്കുക അല്ല ഈ കർമ്മത്തിന്റെ ഭാഗമാണ് അതാണ് ഇവിടെ അഗ്നിച് കർമ്മവും ഉപാസനയും കാലപ്രതീകമായിട്ട് ഈ ഇഷ്ടികളെ ധ്യാനിക്കുന്നു അഗ്നിച്ചേന കർമ്മത്തെ ഒരു സംവത്സരത്തിന്റെ പ്രതീകമായി ധ്യാനിക്കുന്നു ഉപാസിക്കുന്നു അങ്ങനെ ആരാണോ ഇത് അനുഷ്ഠിക്കുന്നത് പറയാം ആ കർമ്മം അനുഷ്ഠിക്കുന്നവനെന്നോ അല്ലെങ്കിൽ അതിന് ഉപാസിക്കുന്നവനെന്നോ രണ്ടു തരത്തിനും പറയാം ത്രിഭിഹി ഏത് അതിനി മാതൃ പിതൃ ആചാര്യഹി ന്മാരാണ് ആദ്യത്തെ ഗുരുവെന്ന് പറയുന്നത് മാതാവ് പിതാവ് അത് കഴിഞ്ഞ ആചാര്യം ഈ മൂന്ന് ഗുരുക്കന്മാരിൽ നിന്നും ഉപദേശം വീണ്ട രീതിയിൽ നേടിയവൻ ബാല്യകാലം മുതലേ തന്നെ ശരിയായ സംസ്കാരത്തെ അറിയിച്ചവൻ അവന് മാത്രം മൂന്ന് ഗുരുക്കന്മാരിൽ നിന്നും വിദ്യ നേടുന്നവന് ശരിയായ വിദ്യ നേടുന്നവന് ശരിയായ സംസ്കാരം അറിയിക്കാൻ കഴിയും അവനോട് പറഞ്ഞു മാതൃപിതൃ ആചാര്യ ഹീയേറ്റി പ്രാപ്തി സന്ധി സന്താനം അതിലർത്ഥം പറയുകയാണ് അതൊന്നുകൂടി സംബന്ധം ഈ കർമ്മവുമായി കർമ്മവുമായിട്ടുള്ള ഫലം കർമ്മത്തിന്റെ ഫലവുമായിട്ടുള്ള ബന്ധം ഒരു ജീവൻ ഉണ്ടാകുന്നത് ഗുരുമുഖത്ത് നിന്ന് കേവലം വേദപഠനം കൊണ്ട് മാത്രമല്ല മറിച്ച് വലിയ മാതാവിൽ നിന്നുള്ള അനുശാസനം പിന്നെ പിതാവിൽ നിന്നുള്ള അനുശാസനം പിന്നെ ഗുരുവിൽ നിന്ന് വരുന്ന അനുശാസനം ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് മാത്രാപ്തി അനുശാസനം യഥാവത് വിധിവതെല്ലാം പ്രാപിച്ചു വിധേയ വൈദികധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൈദികമായ കർമ്മങ്ങൾക്കും ഉപാസനങ്ങൾക്കും വേണ്ടുന്ന സംസ്കാരങ്ങൾ ജനനം മുതലേനെ ആർജിക്കാൻ അവിടെ ജന്മം തന്നെ സംസ്കാരം സംസ്കാരബദ്ധമായിരിക്കുന്ന ആ ഷോഡശ സംസ്കാരങ്ങൾ ചത്വരിഞ്ച സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങൾ കൊണ്ടാണ് ജനിക്കുന്നത് തന്നെ മരണം വരെ തുടരുന്നതാണ് ആ സംസ്കാരം അതുകൊണ്ടാണ് മാതാപിതാക്കളിൽ നിന്നും എന്തെങ്കിലും ഗർഭാധാനം എന്ന് പറയുന്ന കർമ്മം തുടങ്ങി അവിടെ വൈദിക സംസ്കാരം ഒരു കുട്ടി ജനിക്കുന്നത് വളരുന്നത് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് മാതാവ് പിതാവ് ഗുരു എല്ലാവരിൽ നിന്നും യഥാ അതിൽ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ സംസ്കാരത്തെ നേടി ആ സംസ്കാരമാണ് കർമ്മവും ഫലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് തദ്ഹി പ്രാമാണ കാരണം ശ്രുത്യന്തരവഗമ്യത ഇത് പ്രാമാണത്തിന് കാരണമായിട്ട് ശ്രുത്യന്താ മറ്റു ശ്രുതികളിൽ നിന്നും അവഗമ്യത അറിയാം പറയുന്നുണ്ട് മാതൃമാൻ എന്ന് പറഞ്ഞാൽ മാതാവിൽ നിന്നും ഉപദേശം നേടിയവൻ പിതൃമാൻ പിതാവിൽ നിന്നും ഉപദേശം നേടിയവൻ ആചാര്യവാൻ ആചാര്യനിൽ നിന്നും ഉപദേശം നേടിയവൻ ും സംസ്കാരത്തെ ആർജിച്ചവൻ അവനാണ് അറിയുന്നത് നിന്ന് പ്രത്യക്ഷ ഹനുമാനാഗമേർവ പ്രത്യക്ഷം അനുമാനം ആഗമ ഇവകളിൽ നിന്നും വേദ സ്മൃതി ശിഷ്ടേർവ എന്നൊരുമിച്ചാണ് വേദത്തിൽ നിന്നും സ്മൃതികളിൽ നിന്നും ശിഷ്ടന്മാരുണ്ട് അതായത് ഇവിടെ ത്രിഭിരഹത്യസന്ധ്യം പറഞ്ഞു മൂന്ന് പേര് മൂന്ന് കൂട്ടർ ഇവിടെ പറഞ്ഞു തൃഭിഎന്ന് പറയുന്നത് മൂന്നുപേരാണ് ആരൊക്കെ ആകാം ഒന്നുകിൽ മാതാവ് പിതാവ് ആചാര്യം അല്ലെങ്കിൽ വേദം സ്മൃതി ശിഷ്ടന്മാർ വേദങ്ങളെന്ന് പറയുന്നത് ഈ ചതുർവേദം സ്മൃതികൾ എന്ന് പറയുന്നത് വേദത്തിന്റെ വ്യാഖ്യാന രൂപത്തിൽ കലാകാരങ്ങളിൽ ആചാര്യന്മാർ വേദിവയ്ക്കുന്നതാണ് സ്മൃതികളെന്ന് പറയുന്നത് അത് ഓരോ കാലധർമ്മങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് മനുസ്മൃതി ഇങ്ങനെ അസ്മൃതികളിൽ പ്രധാനമായിട്ടും കാലധർമ്മങ്ങളെ പ്രതിപാദിക്കുന്നത് വേദത്തിൽ എന്ന് പറഞ്ഞാൽ കാലാതീതമായ ധർമ്മത്തെ പറയുന്നു പക്ഷെ അവർ ഓരോ കാലവും വരുമ്പം മാറ്റങ്ങളെ വേണ്ടി വരും ആ മാറ്റങ്ങളെ കണ്ടുകൊണ്ട് അതാത് കാലത്ത് ഋഷിമാർ രചിക്കുന്നതാണ് സ്മൃതികൾ അത് ഒരു കാലത്ത് സ്മൃതി കാലത്ത് ആ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് ഉദാഹരണം മനുസ്മൃതി എല്ലാം തന്നെ അതെല്ലാം പറഞ്ഞിരിക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കൃത ബുദ്ധിയോട് ഉന്നതക്കാർക്ക് സ്വീകരിക്കാൻ വയ്യാത്തോണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാകൃതങ്ങളായ ആചാര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരം സ്മൃതികളെല്ലാം ചെയ്യുന്നു കാലാകാലങ്ങളിൽ അതിനെ മാറ്റി എഴുതുന്നു പുതിയ പുതിയ സ്മൃതികൾ വരുന്നു അങ്ങനെയുള്ള സ്മൃതികൾ ശിഷ്ടി ശിഷ്ടന്മാർ ഉപദേശിക്കുന്നു സത്രുക്കൾ അവരുടെ ഉപദേശം പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളൊന്നും എഴുതാതെ തന്നെ അതാത് കാലങ്ങളിൽ വരുന്ന മഹാപുരുഷന്മാര് അവരുടെ ഉപദേശം ഉപദേശ രൂപത്തിൽ അവർ കൊടുക്കുന്ന ഇവ ഇവയിൽ നിന്നും സംസ്കാരത്തെ ആർജിക്കാം പിന്നെ പ്രത്യക്ഷ അനുമാന ആകമേ ഹി ഒരു വ്യക്തി തന്നെ സ്വയം പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങൾ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള അനുമാനം അതിൽ നിന്നുണ്ടാകുന്ന ശരിയായ ജ്ഞാനം ൾ എന്ന് പറയുമ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും പെടും വേദങ്ങൾ സ്മൃതികൾ മറ്റ് ശാസ്ത്രങ്ങൾ ഈ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം നേടുന്ന സംസ്കാരം ആ സംസ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു വിശുദ്ധി പ്രത്യക്ഷ ഇതിൽ നിന്നും ഉണ്ടാകുന്ന വിശുദ്ധി പ്രത്യക്ഷമാണ് എല്ലാവർക്കും അനുഭവങ്ങൾ കാണുന്നത് യുവതിയിൽ നിന്നെല്ലാം നല്ല അനുശാസന ഉപദേശങ്ങൾ നേടി നല്ല സംസ്കാരത്തെ ആർജിക്കുന്നതാണ് വിശുദ്ധി അവന്റെ സംസ്കാരത്തിനും ജ്ഞാനത്തിനും പ്രവൃത്തിയിലും വാക്കിനുമെല്ലാം വിശുദ്ധി വരണം അങ്ങനെയുള്ള വിശുദ്ധിയെ നേടി ത്രിണാതി സന്ധ്യം ഏതിനെയെങ്കിലും ആശ്രയിച്ച് ത്രികർമ്മ കർത്ത ജന്മമൃത്യു പറയുന്ന അഗ്നിയെ അനുഷ്ഠിക്കുന്നവൻ കർത്ത അവനാണ് അതിക്രമതി ജന്മമൃത്യു അവൻ ജന്മമൃത്യുക്കളെ അതിക്രമിക്കുന്നു ബ്രഹ്മജ്ഞൻ ബ്രഹ്മണ ഹിരണ്യഗർഭ ജാതഹ ബ്രഹ്മജ്ജൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭനിൽ നിന്നും ഉണ്ടായവൻ എന്നാണ് ഹിരണ്യഗർഭ ജാതഹ ബ്രഹ്മജ്ഠ അസുജ്ഞസ് ബ്രഹ്മജ്ഞ ബ്രഹ്മജനായി ഹിരണ്യഗർഭനിന്നും ഉണ്ടായി സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ബ്രഹ്മജ്ഞൻ ബ്രഹ്മജ്ഞൻ എന്നുണ്ടെന്ന് പറഞ്ഞു സർവജ്ഞാസവും സർവജ്ഞനാണ് വിരാട് പുരുഷനെ കുറിച്ച് പറയുക ആ ഹിരണ്യഗർഭൻ തന്നെ ഹിരണ്യഗർഭനിൽ നിന്നും വിരാട് പുരുഷൻ ഉണ്ടായി എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ഭൂതകാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകഴിഞ്ഞപ്പോൾ ആ ഹിരണ്യഗർഭൻ തന്റെ സൂക്ഷ്മ ഉപാധിയെ വിട്ടിട്ട് ആ സ്ഥൂലോപാധിയോ സ്വന്തോപാധിയായി സ്വീകരിച്ചു അപ്പോൾ അത് വിരാട് എന്ന് പറയുന്ന ഭാവമായി വിരാട് പുരുഷനായി ഒരേ ചൈതന്യം തന്നെ ബ്രഹ്മമായിരുന്നു പിന്നീട് മായാശക്തിയോട് ചേരുന്നു മായാശബളിതമായ രൂപം വന്നു അത് കഴിഞ്ഞ് സൂക്ഷ്മമായ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഗ്രണ്യഗർഭനായി അത് തന്നെ സ്ഥൂലമായ ഉപാധി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വിരാട് പുരുഷൻ വൈശ്വാനരൻ എന്നെല്ലാം പറയുന്ന വിരാട് ഭാവത്തെ പ്രാവശ്യം സർവജ്ഞനാണ് സർവജ്ഞണ്ടാണ് ബ്രഹ്മജ്ഞൻ എന്ന് പറഞ്ഞത് ബ്രഹ്മത്തിൽ നിന്നുണ്ടാകും സർവജ്ഞനായിരിക്കുകയും ചെയ്യുന്നവൻ ബ്രഹ്മജനായിരിക്കുകയും സർവജ്ഞനായിരിക്കും ചെയ്യുന്നവൻ ബ്രഹ്മത്തിൽ നിന്നുണ്ടാവുകയും സർവജ്ഞനായിരിക്കുകയും ചെയ്യുന്നവൻ എന്നുള്ളത് ബ്രഹ്മ പുരുഷൻ തം ദേവം ദ്യോധന ജ്ഞാനാദി ഗുണമണ്ഠം ്രഹ്മം എന്തുകൊണ്ട് പ്രവാസിക്കുന്നവൻ ജ്ഞാനസ്വരൂപനായിരിക്കുന്നവൻ സർവജ്ഞ ഗുണത്തോടുകൂടി സൃഷ്ടിസ്ഥിതി സംഭാരകർത്താവായിരിക്കുന്നവൻ സർവീശ്വരൻ പുരുഷൻ ആ വിരാട് പുരുഷനെ ാണ് സ്തുതിക്കപ്പെടേണ്ടത് ആരാധിക്കപ്പെടേണ്ടത് ശാസ്ത്ര വിധിത്വ ശാസ്ത്രത്തിൽ നിന്നും ശാസ്ത്രം ബോധിപ്പിക്കുന്ന അവനെയാണ് വീഢും സ്തുത്യം എന്ന് പറഞ്ഞാൽ അവനാണ് ഉപാസ്യനായിരിക്കുന്നത് വിരാട് പുരുഷനായിരിക്കുന്ന ആ പരമേശ്വരനാണ് ഉപാസ്യനായിരിക്കുന്നത് എന്ന് ശാസ്ത്രത്തിൽ നിന്നും വേദത്തിൽ മനസ്സിലാക്കി വേദം അതുപോലെയുള്ള ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി എന്റെ അർത്ഥം പറയുന്നു ദൃഷ്ട സാക്ഷാത്കരിച്ച് എങ്ങനെ ആത്മഭാവേന സാക്ഷാത്കരിക്കാന്ന് പറയുന്നത് അതാണ് ഉപാസിക്കാൻ കാരണം ഇവിടെ പറയുന്ന അഗ്നി ചൈനം എന്ന് പറയുന്ന കർമ്മം ആ കർമ്മത്തിൽ ഈ വിരാട് രൂപത്തെ ഈശ്വരന്റെ വിരാട് രൂപത്തെ ഉപാസിക്കുന്നു അതങ്ങനെ തന്നോട് അഭിന്നമായി ഉപാസിക്കുന്നു അതാണ് കാലം ഐ സ്ഥിതികൾ കാലത്തിന്റെ പ്രതീകമായി കാണുന്നു കാലസ്വരൂപിയാണ് കാലമെന്ന് പറയുമ്പോ ആചരണ ഗർഭന്റെ വിരാട് സ്വരൂപമാണ് കാലത്തിൽ സർവ്വ വർത്തമാന ഭാവി രൂപത്തിലുള്ള ഈ കാലത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി സംഭാരം വരെ സർവം ആ കാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു ഉത്പത്തി ഭൂതകാലത്ത് സ്ഥിതി വർത്തമാനത്ത് ഭാവി വിനാശം അപ്പൊ കാലം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് അപ്പൊ കാലരൂപത്തിൽ ധ്യാനിക്കുക പറഞ്ഞാൽ വിരാട് രൂപത്തിൽ ധ്യാനിക്കുക എന്നുള്ളതാണ് വിരാട് ഉപാസന അങ്ങനെ ആ വിരാടിനെ താനായി ധ്യാനിക്കുക ആ വിരാട് രൂപത്തിലിരിക്കുന്നത് താൻ തന്നെയാണ് ഭൂതവർത്തമാന ഭാവി കാലരൂപത്തിലിരിക്കുന്നത് ഈ പ്രപഞ്ചസരൂപത്തിലിരിക്കുന്ന വിരാട് രൂപത്തിലിരിക്കുന്ന ആ ഹിരണ്യഗൽഭൻ താൻ തന്നെയാണ് എന്നിങ്ങനെ ആത്മഭാവേന ആത്മരൂപത്തിൽ ദൃഷ്ടിച്ച് സാക്ഷാത്കരിച്ച് സ്വബുദ്ധിപ്രത്യക്ഷ അങ്ങനെയുള്ള ഉപാസന കൊണ്ടെന്തോരുന്നു ഫലം സ്വബുദ്ധിപ്രത്യക്ഷേദ്യുന്ന ശാന്തിയും അവന് തന്നെ അവന് ഉപാസന തന്നെ അനുഭവിക്കാൻ കഴിയാവുന്ന ശാന്തിയും ഉപരതി അത്യന്തമായ ശാന്തി അതാണ് ഉപരതി എന്ന് പറഞ്ഞത് അതിശയനേരി അതിശയകരമായി അത്യധികമായി വൈരാജ്യം പദം ജ്ഞാന കർമ്മ സമുച്ചയ അനുഷ്ഠാന ഈ നാചികേത അഗ്നി അനുഷ്ഠാനത്തിലൂടെ ഒരുണ്ടാകുന്ന എന്താണോ വൈരാജം പദം വിരാട് പദം ഹിരണ്ഗർഭാനം എന്ന് പറയുന്ന പോലെ തന്നെ വൈരാജം വിരാടിന്റെ സ്ഥാനം അതായത് ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ഹിരൺ നിഗർഭൻ തന്നെയാണ് കാലം എന്നുള്ള ഉപാസനയിലൂടെ ഒരുവിനെത്തിച്ചേരുന്ന ആ സർവാത്മഭാവം വിരാട് വൈശ്വാനരാത്മഭാവം അത് ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനേനാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം കർമ്മ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് എല്ലായിടത്തും ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസനയാണ് ഉപാസന കർമ്മസമുച്ഛയാനുഷ്ഠാനേന ഉപാസന കർമ്മസമുച്ഛയാനുഷ്ഠാനത്തിലൂടെ പ്രാപ്നോതി പ്രാപ്നോതി പ്രാപിക്കുന്നു ഇത്യർത്ഥാദാണ് എന്റെ താല്പര്യം അതുകൊണ്ടാണ് ഇവിടെ സ്വർഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കർമ്മം അഗ്നി വിദ്യ എന്ന് പറയുമ്പോൾ അത് ഉപാസന കർമ്മ സമുച്ചയമാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ പറയുന്നത് മുതൽ കേവലമായൊരു കർമ്മമില്ല കേവലമായൊരു ഉപാസനയില്ല നേരത്തെ ഈശാവാസ്യത്തിൽ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ഉഭയകൃത്സഹ ആ വിദ്യയാ മറ്റും തീർത്ഥ വിദ്യയാ മതനശ്വനിതെ എന്ന മന്ത്രത്തിൽ പറഞ്ഞ ആ ഉപാസന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അതിനത്യന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു അതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നജികീയതസ് രണ്ടാമത് ഇത് കാരണം ഇനി മൂന്നാമത് നജികേതസ് ആവശ്യപ്പെടാതെ തന്നെ സർഗപ്രാപ്തിക്കുള്ള ഉപായങ്ങളും സ്വർഗസുഖങ്ങളും വൻ വാഗ്ദാനം ചെയ്യുന്നു അതെല്ലാം തിരസ്കരിക്കുന്നു വേണ്ട എന്ന് പറയുന്നു എന്നിട്ട് ഇവിടെ സ്വർഗ്ഗപ്രാപ്തികളും ഉപായും ചോദിക്കുകയും ചെയ്യും നമുക്ക് ഇവിടെ സ്വർഗമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ പുരാണങ്ങളിലും മറ്റും വർണ്ണിക്കുന്ന ഒരു ഭോഗ ഭൂമി അതല്ല സ്വർഗം എന്ന് പറയുന്നത് ഇത് യോഗ ഭൂമിയാണ് മോക്ഷഭൂ അങ്ങനെയുള്ള സ്വർഗ്ഗം അതായത് ഉപാസന കർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരുന്ന വിരാടാർമ ഭാവം അതാണ് അതിന് കർമാനുഷ്ഠാനവും ആൻഡ് ഉപാസനയുമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാകും അല്ലെങ്കിൽ പൂർവാപരങ്ങൾ തമ്മിൽ നമുക്ക് വൈദഗ്ധ്യം തോന്നും ഇപ്പോഴുള്ള ഭാഷ വ്യക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ വൈരാജി വിരാടാത്മ സ്വരൂപ പ്രതിപത്തിൽ സാധാരണ സ്വർഗം അടുത്ത് വീണ്ടും അതിനെ കഴിഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥമാകുന്നു നല്ല ഉപദേശിച്ചു കൊടുത്താച മൂന്ന് തവണ ഈ അഗ്നി ജയനം ചെയ്യുന്നവൻ മാതാപിതാക്കളുടെ ആചാര്യന്റെ അല്ലെങ്കിൽ വേദംസ്മൃതി ശിഷ്ടന്മാർ അല്ലെങ്കിൽ പ്രത്യക്ഷാനുമാന ആഗമനങ്ങളിലൂടെ ശരിയായ സംസ്കാരത്തെ പ്രാപിച്ചിട്ട് സന്ധി ത്രികർമ്മ ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ജന്മമൃത്യു തരതി ജന്മമൃത്യുക്കളെ തരണം ചെയ്യുന്നു ബ്രഹ്മയജ്ഞം വിരാജ്യൂതിയായിരിക്കുന്ന ഈശ്വരനെ ദേവം ജ്ഞാനസ്വരൂപനായി ഈശ്വരൻ വിധ്യം ഉപാസിച്ചിട്ട് ഉപാസിച്ചിട്ട് നിച്ചായി ഉപാസനയിലൂടെ സാക്ഷാത്കരിച്ചിട്ട് ഇമാം വേദി അത്യന്തമായ ശാന്തി വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു അടുത്തു വരുന്ന രണ്ട് മന്ത്രങ്ങളും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നതാണ് ത്രിനാചിക്കേത ത്രയമേതദ്ജിത്വ യം വിദ്വാൻശ്ചിന്ദേചികേതം സമൃത്യുപാശാൻ പുരത പ്രണോദ്യ ശൂപാതികോ മോദദേ സ്വർഗലോകൃണാജികേത ത്രയം എത വിം വിൻ ചിന്ദേശാ പുരത പ്രണോദ്യ ശോകാതികാതിക്കോദത്തെ സ്വർഗലോകെ േസ്ത്രയേദ്വിതിയ വിദ്വാംശ്ചിന്തികേതം സമൃത്യുപാശാന് പുരത പ്രണോദ്യോകാതികോ മോദത്തെ സ്വർഗലോകേ ീരിപ് പറഞ്ഞല്ലോ മൂന്ന് തവണ മൂന്ന് തരത്തിൽ ഈ ജ്ഞാനത്തെ സംസ്കാരത്തെ ആർജിച്ചിട്ട് യായിഷ്ഠക യാവതീർവ യഥാവരത്തെ പറഞ്ഞു മൂന്ന് തരത്തിൽ ആയിഷ്ഠികളുടെ എണ്ണം അത് ചയനം ചെയ്യേണ്ട ആകൃതി ഏത് മന്ത്രങ്ങളാണ് അതിനുപയോഗിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കി പ്രേം ഏതദ്ധിത്വ ഏതത് വിധിത്വ ഔഗമ്യ ഈ മൂന്ന് കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കി ഏതൊരുവനാണോ ഏവൻ ഈ പറഞ്ഞ രീതിയിൽ ആത്മസ്വരൂപേണ അഗ്നയും വിദ്വാൻ ചിഹ്നത്തെ നിർവർത്തും ആത്മസ്വരൂപേണ നേരത്തെ പറഞ്ഞിരുന്നു അത് ഈ കർമാനുഷ്ഠാനത്തോടൊപ്പം വിരാട് ഉപാസനയുണ്ട് അപ്പോൾ വിരാട്ൂപത്തെ വിദ്വാൻ അഗ്നിം വിദ്വാൻ ഈ വിരാട് രൂപത്തെ ഉപാസിക്കുന്നവൻ ചിനുതെ അന്റെ അർത്ഥം പറയുന്നു വിദ്വാനത്തെ ഉപാസിക്കുന്നവൻ സിനുതെ നിർവർത്തയായി അനുഷ്ഠിക്കുന്നത് ഈ കർമ്മ അപ്പൊ വിരാട് ഉപാസനയോടുകൂടി ആരാണോ ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് നാചികേതം അഗ്നിം ക്രതം നാജികേതം എന്ന് അറിയപ്പെടുന്ന ഈ യാഗത്തെ അഗ്നി എന്ന് പറഞ്ഞിവിടെ ക്രതുയാദം എന്ന് പറഞ്ഞു ആരാണോ ഈ കർമ്മം അനുഷ്ഠിക്കേണ്ട വിധാനങ്ങളെല്ലാം മനസ്സിലാക്കി വിരാട് ഉപാസനയോടുകൂടി ആരാണോ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് എന്താണ് മൃത്യുപാശം അധർമ്മാദി ലക്ഷണ അധർമ്മം അജ്ഞാനം രാഗദ്വേഷം തുടങ്ങിയ മൃത്യുപാശങ്ങളെ സൂരത അദ്രത പൂർവമേവ ശരീരപാത മരണത്തിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആധ്രമാജ്ഞാന രാഗദ്വേഷാദികളെല്ലാം ഉപേക്ഷിച്ചിട്ട് നശിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് സോകാധികനായി അങ്ങനെ വ്യക്ാനിക്കുന്നു മാനസേ ദുഃഖേഹി വികത മാനസദുഃഖങ്ങളിൽ നിന്നല്ല ായി ഇല്ലാത്തവനായി മാനസിക ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിതനായി അത് തന്നെ വിശദീകരിക്കുന്നു ആത്മ സ്വരൂപ പ്രതിപത്യ വിരാട് ആത്മ സ്വരൂപ ജ്ഞാനം കൊണ്ട് ആ വിരാട് പുരുഷൻ തന്നെ എന്നുള്ള ജ്ഞാനം കൊണ്ട് വൈരാജ പദത്തിൽ സ്വർഗലോകം പറയുന്ന ആ പദത്തിൽ ആനന്ദിക്കുന്നു സ്വരൂപ പ്രതിപത്തി കൊണ്ട് ആ വിരാട് പദത്തിൽ അന്ന് ആനന്ദിക്കുന്നു അതാണ് എന്റെ ഫലം സ്വകാധികവും മോദതയും സ്വർഗദി എന്ന് പറയുന്നത് ആ ജ്ഞാന കർമ്മ അനുഷ്ഠാനത്തിന്റെ ഫലത്തെ ഇവിടെ പറയുകയാണ് എന്നിട്ടാ അതിനെവിടെ ഉപസംഹരിക്കാനത്ത് വേഷത്തെ അഗ്നി നചിഗീത സ്വർഗോ asticallyあのいはぁ いまくたいきえのわれなえ MICHAELNAGNYIN TAVAEVA PRIVATCHANDI ナナーシャラト opportunities VARAM 8AYITAKEETHU VIRANASHU framework トロゞのわんたら BRIN マ training it isiros 頂ży人ila cely tap right corner 過去مんです The apro 3 question ണോ നാച അഗ്നിവിദ്യയെ അനുഷ്ഠിക്കുന്നത് അവൻപാശങ്ങളായിരിക്കുന്ന അധർമ്മജ്ഞാന രാഗദ്വേഷരത പ്രണോദ്യ ജീവിച്ചിരിക്കെ തന്നെ ഇല്ലാതാക്കിയിട്ട് ശോകാതിക ശോകാതികനായി ശോകത്തെ അതിക്രമിച്ചവനായി സ്വർഗലോകെ ഭാവത്തിൽ മോദതയെ ആനന്ദിക്കുന്നുരണത്തിന് മരണത്തിന് മുമ്പ് മോക്ഷത്തെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് മരണത്തിന് മുമ്പ് ഇയാൾ അധർമ്മ അജ്ഞാന വൈര ഗ്രഹദ്വേഷാദികളിൽ നിന്ന് മുക്തനായി മരണശേഷം വിരാടാത്മഭാവത്തെ പ്രാപിക്കുന്നു മരണശേഷമാണ് വിരാടാത്മ പ്രതികൾ അപ്പൊ ആ വിരാട് ഭാവത്തിൽ എത്തിച്ചേരുന്ന ഇതെല്ലാം തടസ്സമായിരിക്കുന്നവേണ ജ്ഞാനമാധം ഇതെല്ലാം അപ്പൊ അതെല്ലാം ഇല്ലാതാക്കി മരണശേഷം ഹിരണ്യഗർഭപ്രാപ്തി വിരാടാത്മപ്രാപ്തി ഇതെല്ലാം ജീവിച്ചിരിക്കുകയാണ് മരണശേഷം അവസ്ഥയെ പ്രാപിക്കുന്നുണ്ട് മുക്തി എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മുക്തിയല്ല നമ്മളിത് ജ്ഞാന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്നതാണ് ഞാനിട്ട് ഉപാസന ഉപാസന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്നത് നല്ല ഉള്ള അവസ്ഥാന്തര പ്രാപ്തിയാണ് അതുകൂടെ പറഞ്ഞ സ്വർഗേ എന്ന് പറഞ്ഞത് ഉപാസന ഇത് ഒരിടത്തും അദ്വൈത മതമനുസരിച്ച് സദ്യോമുക്തി അതായത് ജീവിച്ചിരിക്കേ മുക്തി ശരീരനാശത്തോടുകൂടി പിന്നീട് ജീവന് ഗമനം ഉണ്ടാവാതിരിക്കുന്ന ആ അവസ്ഥ ഉണ്ടാകട്ട ഇവിടെ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമാണ് ജീവൻ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ടാണ് വിരണ്ടിഗർഭപഥപ്രാപ്തിയോ അല്ലെങ്കിൽ വിരാടാത്മഭാവം എല്ലാം ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കെ അങ്ങനെ ഒരു മാർഗത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായിരിക്കുന്ന അധർമ്മജ്ഞാന രാഗദ്വേഷാദികളെല്ലാം നശിക്കുന്നു മരണശേഷം അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുന്നു സദ്യോമുക്തി എന്ന് പറയുന്ന തത്വജ്ഞാനം ഉണ്ടാകുന്ന മോക്ഷം ഒഴിച്ച് ബാക്കി ഏതെല്ലാം തരത്തിലുള്ള മോക്ഷമാർഗങ്ങളിലും ജീവന് ഗതിയുണ്ട് ജീവൻ ഇവിടെ ഈ ശരീരം വിട്ടിട്ട് സഞ്ചരിക്കുന്നു ഇത് ബ്രഹ്മസൂത്രത്തിന്റെ അവസാനാധ്യായ വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നത് ദ്വൈതനുസരിച്ച് തത്വജ്ഞാനം നിന്നും മാത്രമേ സദ്യവും മുക്തി ഉണ്ടാവുന്നുള്ളൂ മറ്റ് പലതരത്തിലുള്ള മോഷമുണ്ടാകും അദ്വൈത സമ്പ്രദായങ്ങളും മറ്റും പറയുന്ന സാലോഹ്യം സാരിത്യം എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള മോക്ഷെ കുറിച്ച് പറയുന്നുണ്ട് അത്തരം മോഷങ്ങളെല്ലാം ഇവിടെ അദ്വൈതത്തിന് സമ്മതമാണ് ഒരു ദേവത ഉപാസനയിലൂടെ ദേവതയുടെ സാരൂപ്യത്തെ പ്രാപിക്കുക അല്ലെങ്കിൽ ദേവതയുടെ സാഹിത്യത്തെ പ്രാപിക്കുക അല്ലെങ്കിൽ ദേവതയുടെ സാധൂഖ്യത്തെ പ്രാപിക്കുക ഇത്തരം മോഷങ്ങളെല്ലാം വരാം പക്ഷെ ഇതെല്ലാം ഇവര് ജീവന് മരണശേഷം ജീവിച്ചിരിക്കുകയായാൽ ഇവിടെ പറയുന്ന തരത്തിൽ വിശുദ്ധി ആ വിശുദ്ധിയെ നേടി അധർമാജ്ഞാനം ആ മോഷത്തിന് തടസ്സമായിരിക്കുന്ന അധർമാജ്ഞാനങ്ങളെല്ലാം നശിച്ച് മരണശേഷം ഈ ശരീരം ത്തെ ഉപേക്ഷിച്ച് ഈ ജീവൻ ഒരു ഗതി ഉണ്ടാവും ഒരു യാത്ര ആ യാത്രയിൽ ആ ദേവതാ ലോകത്ത് എത്തിച്ചേർന്ന് അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് സാരോത്യ സാരുദ്ധ്യം സാഹിത്യം എന്നെല്ലാം പറയുന്നത് അവിടെ വെച്ച് സംഭവിക്കുകയാണ് അദ്വൈതി പറയുന്നത് അങ്ങനെയല്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദേവതാ സാഹിത്യം എന്ന് പറയുന്നത് ദേവതാ സ്വരൂപത്തിലേക്ക് വിനയിക്കുകയാണ് അത്തരത്തിലുള്ള മോക്ഷത്തെ പോലും ഇവിടെ അംഗീകരിക്കുന്നില്ല അതായത് ഇവിടെ അങ്ങനെ ഒരു സ്വരൂപ വിനയമോ രണ്ടായി നിന്നിട്ട് ഒന്നിക്കലോ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അതെല്ലാം ദ്വൈതസങ്കല്പങ്ങളാണ് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ഏത് തരത്തിലുള്ള മോഷമായാലും ശരി അതിനേക്ക് പക്ഷെ അവിടെയൊന്നും സദ്യോമുക്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല സദ്യോമുക്തിൽ എന്താണ് ജീവന് ഗമനമില്ല ജീവൻ ഊർജ്ജഗതി ഉണ്ടാകുന്നില്ല ബാക്കി എല്ലാ മോക്ഷ സമ്പ്രദായങ്ങളും ജീവന ഊർധതി ഉണ്ടാവും ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോകും ഒരവസ്ഥ ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയെന്ന ഒരു അവസ്ഥയിൽ നിന്നും അവസ്ഥയിലേക്ക് പോവുകയില്ല മറിച്ച് സ്വരൂപസ്ഥിതിയാണ് അജ്ഞാനം കൊണ്ട് സ്വരൂപച്തി സംഭവിച്ചു ജ്ഞാനം കൊണ്ട് ആ സ്വരൂപസ്ഥിതി സംഭവിക്കുന്നു അതും അവിടെ പ്രത്യേകിച്ച് പുതിയ കരണാമ രൂപത്തിലൊന്നും ഒന്ന് സംഭവിക്കുന്നത് മറിച്ച് അജ്ഞാനനാശം മാർ അജ്ഞാനമാത്രം പ്രകാരത്തിലും തന്നിൽ സംസാരം ഉണ്ടായിരുന്നില്ല എന്നുള്ള ബോധം തന്നൊരിക്കലും ബന്ധനത്തിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും മോക്ഷത്തെയും പ്രാപിക്കുന്നില്ല മറിച്ച് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ആ ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്ന അവസ്ഥ സ്വരൂപസ്ഥിതി അവിടെ അതിനാണ് സദ്യവും മുക്തി എന്ന് പറയുന്നത് അത് ഏത് സമയവും ആണോ ഞാനും ഉണ്ടാകുന്നത് ആ ക്ഷണത്തിൽ തന്നെ അയാൾ അജ്ഞാനനാശം സംഭവിക്കുന്നു അതിനാണ് മോക്ഷമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്തെങ്കിലും ഗുണാധാനമോ ദോഷ അപനയമോ ബ്രഹ്മസൂത്രത്തിലൊക്കെ വിശദമായി ചർച്ച ചെയ്യും മോക്ഷം കൊണ്ട് ആത്മാവിനെന്തെങ്കിലും ഒരു ഗുണാധാനം എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുക എന്നാണ് ദേവതാ ഉപാസന സാഹിത്യം നമ്മൾ പറയുന്നത് എന്താണ് ജീവൻ ആ ഈശ്വരനിൽ നിന്ന് വേർട്ടുന്നു ആ ഈശ്വര സ്വരൂപത്തിൽ വിലയം പ്രാപിക്കുന്നു അതാണ് അത്തരത്തിലുള്ള ഒരു വിലയം പ്രാപിക്കണമെന്ന് ഇവിടെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം കാരണം വിട്ടു നിന്നെങ്കിലും വിലയം പ്രാപിക്കാൻ പറ്റും രണ്ടായി മാറിയിരുന്നെങ്കിലും പിന്നീട് ഒന്നാകാൻ പറ്റും അതുകൊണ്ട് രണ്ടായി ഒരിക്കലും മാറി നിൽക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും ഒന്നാവുക എന്ന് പറയുന്ന അവസ്ഥയും ഇവിടെ സംഭവിക്കുന്നില്ല എന്തെങ്കിലും ആത്മാവ് ഒരു ഗുണത്തെ അവിടെ കൂട്ടിച്ചേർക്കുകയോ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു ദോഷത്തെ അപനയനം ചെയ്യുകയും ചെയ്യുന്നില്ല രണ്ട് സംഭവിക്കുന്നില്ല ഇത് അപ്രാപ്യ പ്രാപ്യത പ്രാപ്ത പ്രാപിക്കാതിരുന്ന ഒരു വസ്തുവിനെ പോയി പ്രാപിക്കുന്നതല്ല ഇതുവരെ നേടാതിരുന്ന ഒന്നിനെ പോയി നേടുന്നതല്ല അതിനെന്താണ് സദാ നേടിയിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള അവിസ്മൃതി അറിവില്ലായ്മ അതിനെ ഇല്ലാതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഉപാധനയുടെ പദമായി വരുന്ന ഏതു പദമായാലും ശരി അത് ചിരണി ഗർഭപഥമായാലും വൈരാജം പദമായാലും അതെല്ലാം മരണശേഷം ജീവൻ പോയി പ്രാപിക്കുന്നതാണ് അതുകൊണ്ടാണ് നജിലേസ് ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടും നജിലേസ് വീണ്ടും ശരിയായ തത്വജ്ഞാനത്തില് വീണ്ടും ആവശ്യപ്പെടുന്നത് അതുതന്നെ വേദത്തിൽ ഈ മൂന്ന് കാന്തങ്ങളും തമ്മിലുള്ള ബന്ധം അദ്വീതത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കർമ്മകാണ്ഡം അടുത്ത് പറയും അടുത്ത മന്ത്രത്തിന്റെ ഭാഷ പറയും കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം കർമ്മകാണ്ഡവും ഉപാസനാകാന്ഡവും രണ്ടും അധ്യാരോപ തന്ത്രത്തിൽപ്പെട്ടതും ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് അപവാദ തന്ത്രത്തിൽപ്പെട്ടതും ആണെന്നാണ് അതായത് ഈ കർമ്മകാന്ഡത്തിലും ഉപാസനാകാന്ഡത്തിലും പറയുന്നതെല്ലാം ആരോപിക്കപ്പെടുന്നതാണ് പരമാർത്ഥത്തെയുള്ളതെല്ലാം ആരോപിക്കപ്പെടുന്നതാണ് ജ്ഞാനകാന്ഡത്തിൽ വരുമ്പോഴും അവിടെ എന്തൊക്കെ ആരോപിച്ചു അതിനെയൊക്കെ നിഷേധിക്കുകയാണ് അതിനാണ് അപവാദം എന്ന് ആരോഗ്യന്ന് പറയുന്നത് കല്പിക്കുക ആത്മാവിൽ കൽപ്പിച്ച കർമ്മങ്ങളെക്കുറിച്ചും ആത്മാവിൽ കൽപ്പിച്ചിരിക്കുന്ന ഉപാസനാരീതികളെ കുറിച്ചും ആത്മാവിൽ കൽപ്പിച്ചിരിക്കുന്ന ബന്ധമോക്ഷങ്ങളെ അവിടെ വിശദീകരിക്കുന്നത് കർമ്മകാന്തത്തിലും ഉപാസനകാന്തത്തിലും മറിച്ച് ഞാനകാലത്തിൽ വരുമ്പോൾ എന്താണ് അവിടെ എന്തെല്ലാം കൽപ്പിച്ചോ എന്തെല്ലാം കല്പനയ്ക്ക് വിധേയമായി അവിടെ വർണ്ണിച്ചോ അതിനെല്ലാം പാളി നിഷേധിക്കുന്ന അപവദിക്കുന്നതാണ് അതുകൊണ്ട് അതിനെ അപവാദമാണ് തന്ത്രമാണ് അവിടെ എന്ന് പറയും അപവാദ ശാസ്ത്രമാണ് എന്ന് പറയും അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധവും അതാണ് ഇതെന്ന അദ്വൈത സിദ്ധാന്തമനുസരിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് രണ്ടും തമ്മിൽ പരസ്പര ബന്ധവും ആ ബന്ധം ഈ തരത്തിലാണ് ഒന്ന് ആരോഗ്യതവും മറ്റൊന്ന് അപവാദരൂപത്തിലുള്ളത് അതുകൊണ്ട് ഇതെല്ലാം മരണശേഷം ആണ് ബാക്കി എല്ലാ സ്ഥാനങ്ങളും പ്രാപിക്കുന്നത് ജീവിച്ചിരിക്കുകയും പ്രാപിക്കുന്നത് ആണ് മുക്തി മരണശേഷം പ്രാപിക്കുന്നത് എല്ലാം ഓരോ സ്ഥാനങ്ങളാണ് അതുകൊണ്ട് നജീകേസം ഈ രണ്ട് ഇത്രയും ഉയർന്ന വൈരാഗ്യപ്രാപ്തി വരെ ഉപദേശിച്ചിട്ടും നജീകേസത കൊണ്ടൊന്നും കാരണം ഇതും എല്ലാം ആരോഗ്യ കൽപ്പനകൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ട എന്താണ് യഥാർത്ഥത്തിലുള്ള വിദ്യയാണ് അപവാദത്തിൽപ്പെട്ട വിദ്യയാണ് ഇതെല്ലാം പാടെ നിഷേധിക്കുന്ന പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന വിദ്യയാണ് വേണ്ടത് അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് പക്ഷെ ആ പ്രാപിക്കുന്നതിനുള്ള അധികാരികളോ വളരെ വിരളമാണ് അോഗ്യതകളോ വളരെ വിരളമാണ് ഭൂരിപക്ഷത്തിന് സ്വീകാര്യമായിരിക്കുന്ന ഈ പറയുന്ന കർമ്മകാണ്ഡെങ്കിൽ ഉപാസനകളാണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷത്തിനും അതേ സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് നീവേ സംോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോക കല്യാണത്തിന് വേണ്ടി ആ രണ്ട് വിദ്യകളും ആവശ്യപ്പെട്ടു ആദ്യം തന്നെ പറയുന്നത് എന്താണ് പിതാവിന്റെ സംതൃപ്തി മനസ്സിന്റെ സന്തോഷമാണ് മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം അതും അച്ഛനു വേണ്ടി ആവശ്യപ്പെട്ടാണെങ്കിലും ഈ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നതാണ് സാധാരണ മനുഷ്യന് ഏറ്റവും വലുതായിരിക്കുന്നത് ഇത് അവസാനം പറയുന്ന മനസ്സ് ഇല്ലാതാകുന്നതാണ് മനസ്സിന്റെ സന്തോഷമാണ് ആത്മവിദ്യയുടെ ശരിയായ ആത്മവിദ്യയുടെ മുക്തമായ ഫലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞുകൊടുക്കുന്ന തരത്തിൽ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കുകയാണ് സ്ട്രെസ് ഇല്ലാതാക്കുകയൊന്നും അല്ല അത് സാധാരണ മനുഷ്യന് സാധാരണ ജീവിതത്തിൽ സാധാരണ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഭൂരിപക്ഷത്തിനും അതാണ് ആവശ്യം അത് നഗീതൂടെ ആവശ്യപ്പെടുന്നത് എന്റെ പിതാവിന്റെ മനസ്സിന്റെ സന്തോഷം എന്നതാണ് അപ്പൊ അത് ഉപദേശിക്കാൻ പാടില്ലാത്തതെന്നും ആവശ്യമില്ലാത്തതെന്നുള്ളതല്ല പൊതുവെ എല്ലാവർക്കും ആവശ്യമായും സ്വീകാര്യമായിരിക്കുന്നു അതാണ് പക്ഷെ അതാണ് ആത്മവിദ്യ എന്ന് ധരിച്ചടിയത് ആത്മവിദ്യ ഇനി ആവശ്യപ്പെടാൻ പോകുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ആധ്യാത്മികമായ ഉയർന്ന സ്ഥാനങ്ങൾ നേടുക വിരാടാത്മഭാവം വരെയുള്ള ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കുക അതും ശരിയായിട്ടുള്ള ആത്മവിദ്യ അല്ല പൂർണ്ണമായ ആത്മവിദ്യയല്ല ലൗകികവിദ്യകളെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ് പക്ഷെ ഇനിയും സ്ഥിരീകരിക്കാൻ പോകുന്ന ആത്മവിദ്യ അപേക്ഷിച്ച് അത് നികൃഷ്ടമാണ് ഇതൊന്നും നമ്മൾ തന്നെ സാധാരണ മനുഷ്യന് വേണ്ടി സാധാരണ മനുഷ്യനെന്ന് വെച്ചാൽ പൊതുവെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മൾ ഈ സാധാരണക്കാർക്ക് ഉൾപ്പെടുത്തിയാണ് അങ്ങനെ അതും കുഴപ്പമാണ് ഉപദേശിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും യോഗം ധ്യാനം ജപം ഇങ്ങനെയുള്ള സാധാരണയായ ആത്മീയാനുഷ്ഠാനങ്ങളെല്ലാം അതിന്റെ പ്രാഥമികമായ ഫലം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ശാന്തി സമാധാനം ഇതൊക്കെ ഉദ്ദേശിച്ചാണ് അത് ഉപദേശിക്കുന്നത് ഇതൊക്കെയാണ് ഇതിനകം നഗീസ് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ അത് ഉൾപ്പെടുന്നുള്ളൂ അതൊന്നും ആധ്യാത്മികയിൽ ഉയർന്ന സ്ഥാനമല്ല ഏറ്റുയർന്ന സ്ഥാനം വരെ നാന്നുമില്ല എന്നാണ് ഇനി ആവശ്യപ്പെടാൻ പോകുന്നത് ആത്മ സ്വരൂപത്തെ മനസ്സിലാക്കുക അതാണ് അതാണ് നമ്മൾ സാധാരണ മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ഉണ്ടല്ലോ നമ്മളെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന യോഗവിദ്യകളും മറ്റു അഭ്യാസങ്ങളും ഒക്കെ അതൊന്നും ഇവിടെ ഈ നിലയിൽ നിന്നു പോകുമ്പോൾ അതൊന്നും ആത്മവിദ്യയുടെ പേറും ബാലപാഠങ്ങളെ ആവുന്നത് ആത്മവിദ്യ ഇനി ഉദ്ദേശിക്കാൻ പോവുകയാണ് ചോദിക്കാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് അന്തർഭോപ്പിക്കാം ഉൾപ്പെടുത്താം ആത്മാവിന്റെ സ്വരൂപ ബോധം അതാണ് ശരിയായിട്ടുള്ള ആത്മവിദ്യ അദ്വൈത മതം അനുസരിച്ച് ബാക്കി നമ്മൾ സ്വീകരിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒരു കാലത്ത് അതിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഉപായങ്ങളാകാം അതുകൊണ്ട് അതെല്ലാം സ്വീകാര്യങ്ങളാണ് പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല അതാണ് ഇനി നയിയെ സാവശ്യപ്പെടുന്നത് അടുത്ത പത്തൊമ്പതാമത്തെ മന്ത്രത്തിൽ വരേണേദ പ്രവക്ഷന്തി ജനാസഹ തൃതീയം വരം നചികേതോ പ്രണീഷ്വ അഗ്നി ചികേത സ്വർ യീഥ പ്രവക്ഷന്തി തൃതീയം ജനൃതീയം വരം നചിതോ വരണീഷ പറയുകയാണ് വൈരാജപഥതായ ഞാൻ നിനക്ക് ഉപദേശിച്ചു നീ അത് സ്വീകരിച്ചു കഴിഞ്ഞു നീ അത് സ്വീകരിച്ചു കഴിഞ്ഞു പ്രാർത്ഥിതവാന ഇതാണ് രണ്ടാമത്തെ വരത്തിലൂടെ നീ ആവശ്യപ്പെട്ടത് സോ അഗ്നി ആ വരം ഞാൻ നൽകി എന്നുവെച്ചാൽ ഇനി ഇതിനെ കുറിച്ച് പറയാനില്ല എന്ന് പറയുന്നു സഗപ്രാപ്തിക്കുന്ന ഈ വിദ്യ ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു ഇത്രയോ ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് നീ സംശയിക്കരുതെന്നാണ് മാത്രമല്ല എന്നിട്ട് അടുത്ത ഒരു വരവെന്നുള്ള ഈ അഗ്നി വിദ്യ പേരനാൽ തന്നെ പ്രവക്ഷന്തി പറയപ്പെടും ആരാണ് ജനാഷ അതിന്റെ അർത്ഥം പറയുന്നത് ജനാഹ നമ്മള് സാധാരണ ജനാഹെന്ന് പറയുന്നതാണ് വേദ വൈദിക ഭാഷയിൽ ജനാഷ എന്ന് പറയുന്നത് ജനാസാ ജന എന്നുള്ള അർത്ഥമാണ് ജനങ്ങൾ അങ്ങനെ പറയപ്പെടും ജനങ്ങളാൽ പറയപ്പെടും ജനങ്ങൾ അങ്ങനെ പറയും യേശരഹ ദുഷ്ടേന ഈ വരം എന്നാൽ നിനക്ക് നൽകിയിരിക്കണം തുഷ്ടേന ഞാൻ സന്തുഷ്ടനായിരിക്കും ചതുർത്ഥ നാലാമത്തെ നിന്റെ പേരിൽ ഇത് അറിയപ്പെടട്ടെ എന്നുള്ള വരം അത് ഞാൻ സ്വയം തന്നതാണ് നീ ആവശ്യപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമത്തെ വരം നിനക്ക് കിട്ടേണ്ടതുണ്ട് ഇതിന് നാലാമത്തേതായി കണക്കാക്കിയാൽ മതി എന്നാണ് തൃതീയം വരം നചകേത മൂന്നാമത്തെ സ്വീകരിച്ചോളൂ അത് നൽകാതിരുന്നുകഴിഞ്ഞാൽ അറി അവിടെ വിട്ടുപോയിരിക്കുന്നു ഇറണവാൻ ഏവാഹം ഇത്യഭിപ്രായ ഇറണവാനായിത്തീരും കടപ്പെട്ടവനായിത്തീരും ഞാൻ കടപ്പെട്ടവനായിത്തീരും എന്നാണ് എന്റെ താല്പര്യം അതുകൊണ്ട് നീ മൂന്നാമത്തെ വരം സ്വീകരിച്ചോളൂ ഞാനൊരു വരം കൂടുതലാകും എന്ന് പറഞ്ഞ് ആ പ്രകടനത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ് നചികേതോ നചികേതസ് ഉതകുന്നതായ ഈ വിദ്യയേന വരേണോ രണ്ടാമത്തെ വരമെന്നുള്ള രൂപത്തിൽ എം എം ഗണീത നീ സ്വീകരിച്ചിരിക്കുകയാണ് ഏലമഗ്നി ഈ അഗ്നി വിദ്യ നിന്റെ പേരിനാൽ തന്നെ പ്രവക്ഷ്യന്തി പറയും നചികേത നജകേദസിൽ തൃതീയം വരം മൂന്നാമത്തെ വരം വർണ്ണീഷ്വ നീ സ്വീകരിച്ചോളൂ അപ്പൊ നൈസ് അടുത്ത് മൂന്നാമത്തെ വരും ചോദിക്കുകയാണ് അടുത്ത് യേയം പ്രേതേ വിചകിത്സാ മനുഷ്യ അസ്തീത്യേക നയമസ്തീതി ചൈകേ ഏതാ അനുശിഷ്ടഹം പരാണമേഷ വലസ് എന്നാണ് പ്രേതേ വിചികിത്സ മനുഷ്യ അസ് ഇതി വിശിഷ്ടരാണ വരീയ ഏതാവി അതിക്രാൻ വിധി പ്രതിഷേധാർഥേന മന്ത്രബ്രാഹ്മണേന അഗന്താത്മതത്വ വിഷയ യാഥാർത്ഥ്യ വിജ്ഞാനം ഈ മന്ത്രത്തിന്റെ മുമുഖമായിട്ട് പറയുന്നതാണ് േേതിന്ഷ്യേ അസ്േനസ്തീതിവിദ്യനുശിഷ്ട വരാണേഷ പത്മവിദ്യകരണത്തിലേക്ക് ഇവിടെ മകനാണ് കടക്കുന്നത് അതാലുള്ള ഭാഷകാരൻ നാമകമായി പറയുന്നു അതായത് ഗജകേതസ് യമദേവനുമായി കൂടിക്കാഴ്ച നടത്തി എന്നിട്ട ഒരു ജിജ്ഞാസുവായ ഒരു മമുക്ഷുരുവിനെ സമീപിക്കുന്നതിനെ പ്രതീകാത്മകമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് അതൽ ആ ശിഷ്യന്റെ യോഗ്യതയിലൊരു സന്തുഷ്ടനായി ഇനി യഥാർത്ഥത്തിലാകുന്ന വിദ്യ ഗുരു ശിഷ്യന് ഉപദേശിക്കാൻ തുടങ്ങുകയാണ് അപ്പോ അവിടെ ഗുരു ശിഷ്യനെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതല്ല എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ശിഷ്യൻ വിധേയനാകുന്നുണ്ട് അത് ഇനി വരുന്നത് പ്രലോഭന രൂപത്തിലാണ് പലതരത്തിലുള്ള പ്രലോഭനം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ആധ്യാത്മിക ഒരു ഗുരുവിന്റെ സന്നിധി വരുന്നു എല്ലാ പ്രലോഭനങ്ങളും എല്ലാ വൈകരണികളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ നന്മകളും എല്ലാം ഗുരുവിന്റെ പരീക്ഷണമായി കാണുന്നതിനുള്ള വിവേകം ഉണ്ടായിരിക്കണമെന്നുള്ള ഇത് സൂചിപ്പിക്കുന്ന ഗുരു സന്നിധി അനുഭവപ്പെടുന്ന ക്ലേശൻ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം ഈ മൂന്ന് തരത്തിലാണ് മനുഷ്യന് ക്ലേശങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ശാരീരികം മാനസികം ഈ രണ്ട് തരം ഈ വരുന്ന ക്ലേശങ്ങളും ഗുരുവിന്റെ പരീക്ഷണമായി തന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ തന്നെ പാകപ്പെടുത്തുന്ന ഉപാധികളായി ഉപായങ്ങളായിട്ട് സ്വീകരിക്കുന്നതിനുള്ള മനസ്സുള്ള ഒരുവന് മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്നാണ് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ഗുരുവിനെ ഈ ഒരു ഭാഗം ഭാഷയത്തിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും ആമുഖമായിട്ട് പറയുന്നു ഒരു ഗുരുവിനെ ഒരാൾ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു മാതാവിൽ നിന്നൊരാൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല പിതാവിൽ നിന്നും ജനനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേറൊരു പിതാവിനെ മാതാവിനെ ഒരാൾ സ്വീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഗുരുവിനെ ഒരാൾ മനസ്സാത് വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഒരു ഗുരുവിനെ മാറ്റി എടുക്കാൻ പറ്റത്തില്ല എന്നാ ആറുമാസത്തേക്ക് ഒരു ഗുരു ആറുമാസം വേറൊരു ഗുരുവിനുമൊക്കെ സ്വീകരിച്ചു അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റിയ ഒരാളല്ല അപ്പൊ അവിടെയാണ് ഈ പരീക്ഷണങ്ങളുടെ സന്ദർഭം വരുന്നത് അങ്ങനെ ഗുരു ഗുരു ഉപസക്തി എന്നുപ്രാപ്തി അങ്ങനെ ഒരു സൗകര്യ ലാഭം ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗുരുവിനെ മാറ്റി വേറൊരാളെ ഗുരുവാക്കുക അത് അസാധ്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഗുരുസങ്കല്പം അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് അങ്ങനെ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരുവൻ പ്രതീക്ഷിക്കുന്ന എന്താണ് പിന്നീട് അങ്ങോട്ട് സുഗമമായിരിക്കും പിന്നീടുള്ള പോക്ക് പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്നുചേരുന്നത് ചിലപ്പോൾ കഷ്ടപ്പാടുകളായിരിക്കും വളരെ വളരെ വൈദ്യരണികളെ നേരിടേണ്ടി വരും ആ സന്ദർഭത്തിൽ രണ്ടുതരത്തിൽ സംഭവിക്കാം ശരിയായ വിവേകം ഇല്ലാത്തവനാണെങ്കിൽ അവനൊരു ഒന്നാം തരം റിബലായി മാറും അങ്ങനെ സംഭവിക്കാം ശരിയായ വിവേകം അവിടെയാണ് പ്രയോഗിക്കേണ്ടത് അത് കഷ്ടപ്പാടുകളുടെ രൂപത്തിൽ വന്നാലും ശരി അതാ ഇനി പ്രലോഭനങ്ങളുടെ രൂപത്തിൽ വന്നാലും പ്രലോഭനങ്ങളും വരാം ഇവിടെ നജീതനെ പ്രലോഭിപ്പിക്കുകയും വൈഷമ്യങ്ങളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് രണ്ടു തരത്തിൽ വന്നാലും ശരി അത് ഗുരുവിന്റെ പരീക്ഷണമാണ് എന്നുള്ള രീതിയിൽ തന്റെ ലക്ഷ്യത്തെ ഗുരുവിനുള്ള അചഞ്ചനമായിട്ടുള്ള വിശ്വാസം നിലനിർത്തി അചഞ്ജലമായ ഭക്തിയെ നിലനിർത്തി ദൃഢമായി മുന്നോട്ട് പോകുന്നു അവന് മാത്രമേ ആ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് അങ്ങനെ അല്ലാതെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അത് ജീവന്മാരുടെ എന്തോ ദുരതിഷ്ടം അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തിനും നമുക്ക് ആരും കുറ്റപ്പെടുത്താനൊക്കത്തില്ല ഗുരുവിന്റെ ദുരതിഷ്ടം പാപം അധിഷ്ഠം കൊണ്ട് ചിലപ്പോ അവന് ഗുരുവിനെ നിന്ദിക്കാൻ തോന്നിയെന്ന് വരാം ഗുരുവിനേയും ജയിക്കാൻ തോന്നിയെന്ന് വരാം അതൊക്കെ സംഭവിക്കാം അത് ആ വ്യക്തി കുറ്റക്കാരനല്ല ആ വ്യക്തിയിലിരിക്കുന്ന പാപമാണ് കടുത്ത പാപമാണ് മഹാഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിട്ടിന് അവരെ കൊല്ലാം തന്നെ ശ്രമിച്ച ശിഷ്യന്മാരുണ്ട് നമ്മുടെ ചരിത്രങ്ങളിൽ അങ്ങനെ ധാരാളം പേരുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തനിക്ക് നേരുന്ന കഷ്ടപ്പാടുകൾ വൈതരണികളെ ഗുരു പരീക്ഷണമായി കാണാൻ കഴിയാതെ അത് തന്നെ ഉപദ്രവിക്കുകയാണ് ശല്യപ്പെടുത്തുക എന്നുള്ള വിപരീത ഭാവന വിപരീത ഭാവനയോടുകൂടി അതിനെ കാണുന്ന വളരെ അത് സൂചിപ്പിക്കാനൂടെ ഏതെല്ലാം തരത്തിലൊരാളെ പരീക്ഷിച്ച് ഏതെല്ലാം തരത്തിലെ പാകപ്പെടുത്തി അയാളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു ഗുരു ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ആധ്യാന്ത്മിക ഈ ഭാഗം വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലർക്ക് ഗുരുവിന് എന്നോട് താല്പര്യം കുറവാകും മറ്റേ ആളിനോടാണ് കൂടുതൽ താല്പര്യം എന്നെ പഴയതുപോലെ പരിഗണിക്കുന്നില്ല മറ്റേ കൂടുതൽ പരിഗണിക്കുന്നുണ്ട് ഈ തരത്തിലൊക്കെയുള്ള നമ്മുടെ ചെറിയ ചെറിയ സങ്കല്പങ്ങൾ ചെറിയ ചെറിയ ഭാവനകളെല്ലാം ഗുരുവിൽ ആരോപിച്ചിട്ട് അതെല്ലാം ഗുരുവിന്റേതാണെന്ന് സങ്കല്പിക്കാനും സമർത്ഥിക്കാനും ചിലപ്പോൾ ശിഷ്യന്റെ മനസ്സ് ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ ബലിസുണ്ടാവും അങ്ങനെ ഉണ്ടാകാറുണ്ട് സാധാരണ അതും നമ്മുടെ ഈ സനാതന പരമ്പരയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മളെ ഉപനിഷത്വം നമ്മളെ ബോധിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം ഒരു ഗുരുവിനെ ഒരാളെ സമീപിക്കേണ്ടത് ഗുരുവിനോടുള്ള ഭാവന സന്മനോഭാവം അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ആ കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് ഈ ഗുരുപസത്തി എന്ന് പറയുന്ന ഈ ഭാഗത്ത് വിശദീകരിക്കുകയാണ് ഇത് നമ്മൾ വളരെ മനനം ചെയ്ത് അവനവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഏതാവിധി അതിക്രാന്തേന ഇതുവരെ കടന്ന ഭാഗങ്ങൾ ഇതുവരെ കടന്ന ഭാഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കഠോപൻഷത്തിൽ തുടങ്ങിയ ഭാഗം പോലാണ് എന്നുള്ള ഭാഗം മൂലം ധരിക്കരുത് ഇതിന് വരുന്ന ഈ യജുർവേദത്തിൽ മുമ്പ് വരുന്ന കർമ്മകാന്ഡങ്ങളെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതിക്രാന്തേന വിധി പ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേന ൂപത്തിലുള്ള മന്ത്രബ്രാഹ്മണ മന്ത്രബ്രാമോർ വേദ എന്ന് പറയുന്നത് അപ്പൊ ഇതുവരെ വന്ന വിധി പ്രതിഷേധ ഭാഗങ്ങൾ അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത് നമപുത്ര ആ സു പറയും നമ്മൾ തുടങ്ങിയ ഭാഗം ഒരു ചെറിയ ഭാഗമാണ് അതിന് ഉണ്ടേ വരുന്നുണ്ട് അതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് വിധിപ്രതിഷേധ മന്ത്രബ്രാഹ്മണേന അവയശൂിതം വസ്തു വരദ്വയം ഈ രണ്ടു വരങ്ങളിലൂടെ സൂചിപ്പിക്കപ്പെടുന്നതായ വസ്തു ഇവിടെ ഈ കഴിഞ്ഞ ഭാഗം എന്ന ആത്മതത്വ വിഷയ യാഥാഗ്യ വിജ്ഞാനം ഇതുവരെ പറഞ്ഞതൊന്നും എന്താണ് ആത്മതത്വത്തെ വിഷയമാക്കുന്ന യഥാർത്ഥ വിജ്ഞാനമല്ല ഇതുവരെ ആത്മാംശം വന്നിട്ടുണ്ട് ഇതിലും ഇതും വിജ്ഞാനമാണ് പക്ഷേ ആത്മതത്വത്തെ വിഷയമാക്കുന്ന യഥാർത്ഥ വിജ്ഞാനത്തെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം അത അതുകൊണ്ട് വിധി പ്രതിഷേധാർത്ഥ വിശേഷ ആത്മനി ക്രിയാകാരകഥല അധ്യാരോപലക്ഷണ സ്വാഭാവിക അജ്ഞാന സംസാര ബീജസ് നിവൃത്തിയർത്ഥം ീത ബ്രഹ്മാത്മേകത്വ വിജ്ഞാനം ക്രിയാകാലകഫല അധ്യാരോപശൂന്യം ആത്യന്തിക നിശ്രേയസ പ്രയോജനം വക്തവ്യം ഉത്തരോ ഗ്രന്ഥ ആരഭ്യത അത അതുകൊണ്ടെന്താണ് വിധി പ്രതിഷേധാർത്ഥ വിധി പ്രതിഷേധമായിട്ടുള്ള അർത്ഥങ്ങൾ അതിനെക്കുറിച്ചും വിധിക്കുന്നവയും നിഷേധിക്കുന്നവയും ഇതുവരെ ഉള്ളതെല്ലാം ഒന്നിനും വിധീതവും നിഷേധത്തിലോ കൂടെയാണ് ഇത് ചെയ്യാൻ പറയുന്നു വിരാടിനെ ഉപാസിക്കാൻ പറയുന്നു അതൊക്കെ വിധിയാണ് അതല്ലാണ്ടാണോ ആത്മനി ആത്മാവല്ല പരമാത്മാവിൽ ക്രിയാ കാരകഫല അധ്യാരോപലക്ഷണ ക്രിയകളെ കാരകങ്ങളെ ക്രിയ ചെയ്യുന്ന ഉപകരണങ്ങളെ ഫലത്തെ ആ കർമ്മത്തിന്റെ ഫലത്തെ എല്ലാം ആരോപണലക്ഷണ ആരോപിക്കുന്നതാണ് ഇതുവരെ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർമ്മകാണ്ടോ ഉപാസനാകാണ്ടെല്ലാം അത് ആരോപിതമാണ് ആരോപതന്ത്രത്തിന് നിർദ്ദേശിക്കുന്നതാണ് അതിനോട് പറഞ്ഞത് അധ്യാരോപലക്ഷണ അധ്യാരോപണം ഇതുവരെ നടത്തിയതല്ല ഇല്ലാത്തതിനെ കൽപ്പിച്ച് പറയുന്നതാണ് സ്വാഭാവിക സ്വാഭാവികമായ അജ്ഞാനം അനാദിയായിരിക്കുന്ന അജ്ഞാനം അതെന്താണ് സംസാര ബീജസ് സംസാരത്തിന് ബീജമാണ് അതിന്റെ നിവൃത്തിയർത്ഥം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അജ്ഞാനത്തെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി തദ്വിപരീതം അതിന് വിപരീതമായിരിക്കുന്ന അജ്ഞാനത്തിന് വിപരീതമായിരിക്കുന്ന ബ്രഹ്മത്മേകത്വ വിജ്ഞാനം ഏകത്വ വിജ്ഞാനം ബ്രഹ്മാത്മേകത്വ വിജ്ഞാനം ഏകത്വ വിജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് പലതായിരിക്കുന്നത് അത് ഏകമെന്നറിയുക പലതായിരിക്കുന്നത് ഞാൻ നീ എന്നുള്ള ഭാവമാണ് പലത് അതിനെ ഏകമാണെന്ന് അറിയുക അത് ഏകം ആകുന്നെങ്ങനെ പരമാത്മരൂപത്തിന് അതാണ് ബ്രഹ്മാത്മ ഏകത്വം എന്ന് പറയുന്നത് ആ ഏകത്വ വിജ്ഞാനം അതെങ്ങനെയുള്ളത് ക്രിയാകാരകഫല അധ്യാരോപണശൂന്യം ക്രിയാകാരക ഫല അധ്യാരൂപങ്ങളൊന്നും അവിടെയില്ല ഉപാസകനില്ല ഉപാസ്യനില്ല ഉപാസനയില്ല കർത്താവില്ല കർമ്മമില്ല കർത്തവ്യമായിരിക്കുന്ന പ്രവൃത്തിയില്ല അതാണ് ക്രിയാകാരക ഫല ശൂല്യം ആത്യന്തികൾ ആത്യന്തികമായ നിശ്രേ മോക്ഷമാകുന്ന പ്രയോജനത്തോടുകൂടിയത് ആത്യന്തിക നിശ്രേയസം എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ അധികാരങ്ങളൊന്നുമില്ല നിരണ്യഗർഭപഥാപ്തി ആയാലും അവിടെയും പിന്നെ അധികാര ശേഷിക്കുന്നു കല്പാന്തം വരെ ആ സ്ഥാനത്തിരുന്നു ആ പ്രവൃത്തി ചെയ്യുക അങ്ങനെ ആത്യന്തിക നിശ്രയസം എന്ന് പറയാൻ പറ്റത്തില്ല അത് സദ്യോമുക്തിയാണോ അറിയുന്നു ആ നിമിഷം മുക്തനായിത്തീരുന്നു സർവ്വ സംസാര ബന്ധങ്ങളിൽ നിന്നും ഏത് സമയമാണോ ഈ ആത്മാവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്ന ആ നിമിഷം തന്നെ മുക്തനായിത്തീരുന്നു അതായത് കാലാതീതമായ മുക്തിപഥത്തെ കാലാലംബനമായി പ്രാപിക്കുന്നു അങ്ങനെയുള്ള ആത്യന്തികമായ ആ നിശ്രയസ പ്രയോജനം ഭക്തവ്യം അതാണ് ഇനി പറയേണ്ടത് അതിനുവേണ്ടി ഉത്തരവ് ഗ്രന്ഥ ആരഭ്യത ശരിയായിട്ടുള്ള ആത്മവിദ്യയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഉപനിഷത്ത് ആരംഭിക്കുന്നത് സമേതം അർത്ഥം ദ്വിതീയവരപ്രാപ്തി തൃതീയവര ഗോചരം ആത്മജ്ഞാനം അന്തരേണ ഇതി ആധ്യായികയ ക്രമം ചെയ്തി തമേതമർത്ഥം ഈ പറയുന്ന പക്ഷേ പരമാത്മവിദ്യയെ ദ്വിതീയവരപ്രാപ്താപ്തി അകൃതാർത്ഥത്വം ഈ രണ്ടാമത്തെ വര നേടിയിട്ടുകൂടി അകൃതാർത്ഥത്തെ അനുഭവപ്പെടുന്നു ഇതും പൂർണ്ണമല്ലാതെ നിൽക്കുമെന്ന് ജീവസ് തോന്നുന്നു ഏറ്റവും ശ്രേഷ്ഠമാണ് ലൌകികമായ സാധാരണ കർമ്മങ്ങൾ പിന്നെ സ്വാഭാവിക കർമ്മം എന്ന് പറയും മൃത്യു എന്ന് പറയുന്ന പദം കൊണ്ട് അതിനെ ഈശാവാസി പക്ഷേ മൃത്യു എന്ന് പറയുന്ന സാധാരണ കർമ്മം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് വൈദിക കർമ്മം വൈദിക കർമ്മത്തെ ഇവിടെ നമ്മൾ ഓർക്കണം ഒരിക്കലും സാധാരണ കർമ്മത്തെ അപേക്ഷ തന്നെ വേദത്തിൽ പറയുന്ന കാർമ്മിക കർമ്മങ്ങളോ നിത്യകർമ്മങ്ങളോ നൈമിത്യ കർമ്മങ്ങളോ ൃത്യു എന്ന് വേദം തന്നെ പറയുന്ന ലൗകിക കർമ്മങ്ങളുടെ തലത്തിൽ അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ചല്ല എന്നെ നിഷേധിക്കുന്നു മറിച്ച് അതിനകത്ത് എത്രയോ ഉയർന്ന ആത്മജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് അതുകൊണ്ടൊരു സാധാരണ രീതി നമ്മൾ ചിന്തിച്ചിട്ട് വേദത്തിലെ കർമ്മങ്ങളെ കാമ്യ മറ്റും ഭാഷ്യകാരൻ സങ്കരാചാര്യൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന എന്താണ് നമ്മൾ ചെയ്യുന്ന ഈ ലൌകിക കർമ്മങ്ങൾ അല്ലെങ്കിൽ മൃത്യു എന്ന് വിളിക്കപ്പെടുന്ന ഈ സാധാരണ കർമ്മങ്ങൾ ഈ കർമ്മങ്ങളെ പോലെ അല്ലെങ്കിൽ ഈ കർമ്മവുമായി താരതമ്യം ചെയ്ത് വൈദികർമ്മത്തെ നിഷേധിച്ചൊന്ന് തോന്നിപ്പോകും അപ്പൊ വൈദിക കർമ്മങ്ങൾ എന്നും ആ തരത്തിലല്ല നിഷേധിക്കുന്നു ഈ മൃത്യു എന്ന് വിളിക്കുന്ന ഈ കർമ്മം അല്ലെങ്കിൽ ജായസ്വ മറിയസ്വ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്ഥാനം ആ സ്ഥാനത്തിന് മാത്രം ഉതകുന്നതായ ഈ സാധാരണ കർമ്മങ്ങളെ അപേക്ഷിച്ചല്ല അതിനെ നിഷേധിക്കുന്നത് ഇതിനെ അപേക്ഷിച്ച് അതിനെ അനുഷ്ഠയങ്ങളാണ് നമ്മളിന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രവൃത്തികളെ അപേക്ഷിച്ച് വൈദിക കർമ്മമാണ് അനുഷ്ഠേയമായിരിക്കുന്നത് പക്ഷെ ആ വൈദിക കർമ്മത്തെ നിഷേധിക്കുന്നതിപ്പോ ആത്മജ്ഞാനത്തിനുമായിട്ട് താരങ്ങൾ തുലനം ചെയ്തിട്ടാണ് അതിനെ നിഷേധിക്കുന്നത് ആത്മജ്ഞാനത്തിന് വേണ്ടി അതിനുപേക്ഷിക്കുക അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷത്തിന് വേണ്ടി അതിനുപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലാ സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ വൈദിക കർമ്മങ്ങളെന്താ ഉപേക്ഷിച്ച് എത്ര വെറും ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് ധരിക്കാൻ വേണ്ടിയല്ല എന്നാ അങ്ങനെ ധരിക്കരുത് ഞാൻ കർമ്മത്യാഗിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നു ലൗകികമായ കർമ്മങ്ങൾ ശാസ്ത്രവിഹിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്തു വൈദിക കർമ്മങ്ങളെ ധരിച്ചിട്ട് ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ വൈദിക കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാലും ധരിക്കാൻ പാടില്ല മറിച്ച് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ആചാരസ്രമിയിൽ പറയുന്നതനുസരിച്ച് ഈ ലൗകിക കർമ്മങ്ങളെ ത്യജിച്ചിട്ട് വൈദിക കർമ്മത്തെ അനുഷ്ഠിക്കുക ആ വൈദിക കർമ്മത്തെ ജ്ഞാനത്തിനും മോശത്തിനും വേണ്ടി ശ്രമിക്കുക അതാണ് അതിന്റെ ക്രമം കൂടെ അദ്ദേഹത്തിൽ പറയുന്നത് എന്നുവെച്ചാൽ ഇന്നത്തെ ചുറ്റുപാടുകളിലല്ലേ ഇത് പറയുന്നത് വൈദികധർമ്മം പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ ചുറ്റുപാടുകൾ പറയുക ഇന്നതൊന്നും പ്രായോഗികമല്ല നമ്മുടെ സാധാരണ കർമ്മങ്ങളെ ഉപേക്ഷിച്ച് വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കാനും പിന്നെ അത് ഉപേക്ഷിക്കാതെ ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയി ഇത് ഉപദേശിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഉപദേശിച്ചത് അതുകൊണ്ട് ലൌകികമായ കർമ്മങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠം വൈദികമായ കർമ്മങ്ങൾ അത് താമ്യമാണെങ്കിലും അതനുഷ്ഠിക്കുന്നതാണോ അതിനേക്കാൾ ശ്രേഷ്ഠമാണോ അത് അനുഷ്ഠിക്കുന്നതിനെ അതിനെ ധരിക്കുന്നത് ഒരിക്കലും വൈദിക കർമ്മത്തെ ധരിച്ചിട്ട് ലൗകിക കർമ്മത്തെ ശ്രേഷ്ഠമാണ് കാരണം ഈ കർമ്മത്യാഗം എന്ന് സാധാരണ ഈ ആധ്യാത്മികമായ അന്വേഷിക്കുന്നവർ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ചിലർ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൂജ അനുഷ്ഠാനങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല കാരണം അതൊക്കെ ശങ്കരാചാര്യത്തെ നിഷേധിച്ചിട്ടുണ്ടാണ് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്തോളാം അത് ദോഷം വരത്തില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ഇതിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ശങ്കരാചാര്യം നിഷേധിച്ചു ഒരിക്കലും വൈദികർമ്മത്തെ വേണ്ടിയിട്ടല്ല അത് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അത് നിഷേധിച്ചത് അപ്പോ മറിച്ച് ലൗകിക കർമ്മത്തെ ഉപേക്ഷിച്ചും വൈദിക കർമ്മം അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത് കാലം മാറിയതുകൊണ്ടിരുന്നും നമുക്ക് അതേ രീതിയിൽ നമുക്കത് അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഭാഗം അത് പ്രയോജനം അധ്യാരോപണശല്യം എല്ലാ തരത്തിലുള്ള അധ്യാരൂപങ്ങളും നിഷേധിക്കുന്നതായും ആത്യന്തികമായ നിശ്രേശത്തിന് മോക്ഷത്തിന് ഉപകരിക്കുന്നതുമായ ഭാഗം മത്തമേ അതാണ് ഇനി പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ ഉപാസനകളൊന്നും ആത്യന്തികമായ നിശ്രേയസത്തിനെന്ന് പറഞ്ഞാൽ സദ്യോമുക്തിക്ക് ഉപകരിക്കുന്നതല്ല അത് പറയാൻ വേണ്ടിട്ടാണ് ഇനി ആരംഭിക്കുന്നത് സമേതമർത്ഥം ദ്വിതീയവരപ്രാപ്താപ്തി അകൃതാർത്ഥത്വം നജീകേശനെ സംബന്ധിച്ച് എന്താണ് രണ്ടാമത്തെ വരം പ്രാപിച്ചിട്ട് കൂടി താൻ കൃതാർത്ഥനാണെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് അത് തോന്നാത്തത് കാരണം അതിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഉപാസന അനുഷ്ഠിച്ച് അധർമ്മം അജ്ഞാനം രാഗദ്വേഷാദികളെല്ലാം മാറി മരണശേഷം പ്രാപിക്കുന്നുവെന്നാണ് അതുകൊണ്ടൊരാളതിനെ ഉപദേശം കൊണ്ട് കൃതാർത്ഥനാവും അനുഷ്ഠാനം കൊണ്ട് ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ കൃതാർത്ഥത ഇന്ന് മരണശേഷമാണത് പ്രാപിക്കേണ്ടത് അതുകൊണ്ടൊരിക്കലും കൃതാർത്ഥത അതിനനുഭവപ്പെടുത്തില്ല അച്ഛൻ ഇനി പറയാൻ പോകുന്നതോ അത് യോഗ്യനായ ഒരുവനാണെങ്കിൽ ശ്രവണ മാത്രയിൽ തന്നെ അവന് കൃതാർത്ഥത കൊടുക്കുന്നതാണ് കർമ്മങ്ങൾ ഉപാസനങ്ങൾ അങ്ങനെയല്ല അയാൾ എത്ര യോഗ്യനായാലും ശരി അനുഷ്ഠാനവശേഷം പിന്നെ അനുഷ്ഠാനത്തിനുകൂടി മാത്രമേ ഫലത്തെ പ്രാപിക്കാൻ പറ്റൂ ആത്മവിദ്യ അങ്ങനെയല്ല അത് ശ്രവിക്കുന്നു അയാൾ യോഗ്യനാണെങ്കിൽ പിന്നീട് അനുഷ്ഠേയമായി ഒന്നും അവിടെയില്ല അയാൾ ശ്രവണ മാത്രയിൽ തന്നെ അയാൾക്ക് കൃതാർത്ഥത അതുകൊണ്ടാണ് തൃതീയ വരഗോചരം മൂന്നാമത്തെ വരത്തിന് ഉപദേശിക്കപ്പെടുന്ന ആത്മജ്ഞാനം കൂടാതെ ഒരു തരത്തിലും ഒരാൾക്ക് കൃതാർത്ഥത അനുഭവപ്പെടുത്തില്ല ഇതി എന്നുള്ളതുകൊണ്ട് ആഖ്യായിക ആഖ്യായികയിലൂടെ ഈ കഥയിലൂടെ പ്രപഞ്ചി അതിനെ വിശദീകരിക്കുന്നു യഥ പൂർവ്വസ്മാദ് കർമ്മഗോചരാത് സാധ്യസാധന ലക്ഷണാത് അനിത്യാ വിരക്തജ്ഞാനെ അധികാരി പൂർവസ്മാദ് കർമ്മഗോചരാത് മുമ്പ് പറഞ്ഞ കർമ്മവിഷയങ്ങൾ അതങ്ങനെയുള്ളതാണ് സാധ്യസാധന അതിന് സാധ്യമുണ്ട് സർഗാ സാധ്യങ്ങൾ സാധനങ്ങളുണ്ട് ജ്യോതിഷവും പോലെയുള്ള സാധനങ്ങളുണ്ട് അനിത്യാ പക്ഷെ അത് അനിത്യമാണ് ആ കർമ്മം എനിത്യമാണ് അതിന്റെ ഫലവും നിനിത്യമാണ് അതിൽ നിന്നും വിരക്തസ്ഥ അതിൽ നിന്ന് വിരക്തനായവൻ എന്നറു ഇവിടെ പറയുന്ന ക്രമം അങ്ങനെയാണ് ലൗകികമായ മൃത്യു എന്നിവിടെ വിളിക്കുന്ന ലൗകികമായ കർമ്മങ്ങൾ വേദവിധി അനുഷ്ഠിച്ചല്ലാതെ സഹജമായ വാസനകൾ അനുഷ്ഠിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ അതായത് മനുഷ്യന് മറ്റേ അന്ന ആഹാര നിഹാരാദികൾ അന്നപാനാദികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ ലൗകിക പ്രവൃത്തി മൃത്യു എന്ന് പറയുന്ന ഈ കർമ്മം ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം നമ്മൾ വൈദിക കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അതിനും വിരക്തസ്യ ശ്രേഷ്ഠമായ ഫലങ്ങളുള്ളതാണ് അതിനെ ഉപേക്ഷിച്ചിട്ട് എന്താണ് ആത്മജ്ഞാനി അധികാരം അവനാണ് ആത്മജ്ഞാനത്തിൽ അധികാരിയായിട്ടുള്ളവനെന്നാണ് അതാണ് വൈദിക ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആചാര്യസ്വാമികൾ നിർദ്ദേശിക്കുന്ന അതാണ് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാധാരണ കർമ്മങ്ങൾ ലൗകികമായ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുക അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈദികധർമ്മത്തെ സ്വീകരിക്കുക ആ വൈദികധർമ്മത്തെ സ്വീകരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറയുന്നത് അവിടെ അതിനും വിരജിക്കാനായിട്ട് അവനെന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു അതിനുപേക്ഷിച്ച് സന്യാസത്തെ സ്വീകരിക്കുന്നു അതാണ് സാധാരണ ഉപദേശിക്കുന്ന മാർഗം അല്ല അതിനു മുമ്പെ വിരക്കി വന്നവനാണെങ്കിൽ പൂർവ പുണ്യം കൊണ്ടൊരാൾക്ക് അതിനു മുമ്പ് തന്നെ ഇതെല്ലാം വിരക്കി വന്നവനാണ് വിരക്തി എന്ന് പറയുമ്പോൾ ശരിയായ വിവേകം കൊണ്ടുണ്ടാകുന്ന വിരക്തി ആത്മാനാത്മവിവേകം കൊണ്ടുണ്ടാകുന്ന വിരക്കി വന്ന ഒരുവനാണെങ്കിൽ അവൻ യോഗ്യനാണെങ്കിൽ അവന് ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ പ്രവേശിക്കാതെ തന്നെ സന്യാസത്തിന് പക്ഷെ അവൻ അത്രയും വിരക്തി വന്നവനായിരിക്കണം അത്രയും വാസനകൾ ക്ഷയിച്ചവനായിരിക്കണം അങ്ങനെയുള്ളവന് ആ ഗ്രഹസാശ്രമത്തിൽ പ്രവേശിക്കാതെ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്ക് പോകാം എന്തായാലും നമ്മുടെ മുഖ്യമായി വരുന്നത് വിരഗ്ധനായിരിക്കണം ഇപ്പൊ നദിഗസ് അങ്ങനെ ഒരു വിരഗ്ധനാണ് കാണിക്കുന്നത് നദി എസ് എനിക്ക് കർമ്മമേ ആവശ്യമുണ്ടായിരുന്നു കാരണം സ്വർഗപ്രാപ്തിക്ക് ഉതാകുന്ന ഒരു കർമ്മത്തെ ആവശ്യപ്പെട്ടെങ്കിലും അത് അത്തരം വിരക്തി വരാത്തവർക്ക് വേണ്ടിയാണ് ലോകത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു തനിക്ക് എന്തെല്ലാം ഗൃഹസ്ഥ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരഥ സൂര്യ ഒരുപാട് വസ്തുക്കൾ വച്ചുതരുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ഈ ജീസന്ധിയുന്നു തവയോ വാഹ അതെല്ലാം ഈ വസ്തുക്കളെല്ലാം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് അപ്പൊ അത്രയും പുണ്യ പരിഭാഗം വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സർവകർമ്മങ്ങളെയും ബാല്യത്തിൽ തന്നെ ിക്കുന്നു കോമാരപ്രായത്തെ തന്നെ നിഷേധിച്ചിട്ട് പരിപൂർണമായ ത്യാഗത്തിലേക്ക് നീങ്ങുകയാണ് അതിനപൂർവ്വം പേർക്ക് അതിന് ഉള്ള യോഗ്യത ഉണ്ടാവത്തുള്ളൂ അങ്ങനെയുള്ളവനാണ് ഇവിടെ പറയുന്നത് ആത്മജ്ഞാനി അധികാര ആത്മജ്ഞാനത്തിൽ സർവകർമ്മ സന്യാസപൂർവമായിട്ടുള്ള ആത്മജ്ഞാനത്തിൽ വിരക്തശി അധികാര വിരഗ്ധനായിട്ടുള്ളവനാണ് അധികാരാണ് അടുത്ത ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നത് ം പുത്രാധിവാൻ ഉപന്യാസേന പ്രലോഭനം കറിയത് അപ്പൊ പ്രലോഭിപ്പിക്കുകയാണ് ആദ്യം ആ സംസാരത്തെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ അതതിന്റെ നിന്ദിക്കാൻ വേണ്ടിട്ടാണ് ദോഷത്തെ നിന്ദിക്കാന്ന് വെച്ചാൽ നിന്ദ എന്ന് പറഞ്ഞാൽ ദോഷം ആ ദോഷത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഗുരു ഒരു ശിഷ്യന് ഇപ്പൊ ആത്മ ജിജ്ഞാസയോടുകൂടി വന്ന ഒരു ശിഷ്യനെ അവന് കർമ്മ നിയോഗിക്കുന്നു അപ്പോ ശിഷ്യന് വൈഷമ്യുണ്ടാവും കാരണം എന്താണ് ഞാൻ ആത്മജ്ഞാനത്തിനാണ് വന്നത് ഗുരു എന്നെ നിയോഗിക്കുന്ന എന്തിനാണ് എന്റെ ആഗ്രഹത്തിനല്ല അനുസരിച്ചല്ല ഗുരു പ്രവർത്തിക്കുന്നു അപ്പോ ഗുരുവിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശിഷ്യന് മനസ്സിൽ തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം ആഗ്രഹം ആശ എന്ന് പറയുന്നത് ശിഷ്യന്റെ വലുതാണ് പക്ഷേ യോഗ്യത അതിനനുവദിക്കുന്നതല്ല ആശയ്ക്കനുസരിച്ചുള്ള യോഗ്യതയില്ല അപ്പൊ ഗുരു എന്ത് ചെയ്യുന്നു ശിഷ്യന്റെ ആശയം മാത്രം വന്ന് ശിഷ്യന്റെ യോഗ്യതയെ കൂടെ നോക്കുന്നു യോഗ്യതയെ നോക്കുമ്പോൾ ഇയാൾക്കിപ്പോ പറ്റിയിരിക്കുന്ന എന്താണ് കർമ്മമാർഗമാണ് കർമ്മമണ്ഡലമാണ് അയാൾ കർമ്മക്ഷയം അയാൾ സംഭവിക്കണമെങ്കിൽ കർമ്മമണ്ഡലത്തിന് നിന്നാലേ അപ്പോൾ അയാൾ അതിനുവേണ്ടി നിയോഗിക്കുന്നു എന്നാൽ കർമ്മമണ്ഡലത്തിൽ നിൽക്കുക അങ്ങനെ അയാളുടെ അന്ധകരണത്തില് കുറച്ച് കുറയട്ടെ എന്ന് വിചാരിച്ച അയാളെ ആ രീതിയിൽ നിയോഗിക്കുന്നു അപ്പൊ അവിടെയും പരീക്ഷണമാണ് അവിടെയും പ്രലോഭനങ്ങൾ വരും ആ പ്രലോഭനങ്ങൾ അതിജീവിക്കണം അതിജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തോളൂ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവനാണെങ്കിൽ ആശ്രമത്തിന് പുറത്ത് സന്യാസത്തിനും പുറത്ത് ആത്മീയയിലേക്കും പുറത്തു പോകും അപ്പോൾ അത്തരത്തിലുള്ള പ്രലോഭനമാണ് ഇവിടെ നകീയസന്ധി മുമ്പിൽ വെച്ചു കൊടുക്കും നകീയസന്ധി എന്നോ ഇതിനെ അതിജീവിക്കുന്നു അതിജീവിക്കാതിരിക്കാൻ ചിലർ അങ്ങനെയാണ് ആശ്രമത്തിനകത്ത് ജീവിക്കുന്നതും നല്ലതും ആശ്രമത്തിന് പുറത്ത് ജീവിക്കുന്നതാണ് ആശ്രമത്തിന് നല്ലത് അങ്ങനെയുള്ളവരുമാണ് അപ്പങ്ങനെ വരുമ്പോ അവർക്ക് ഗുരു ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും അതാണ് ഇന്ന് ധർമ്മം ഇതുവഴി പുറത്തേക്ക് കടക്കുക എന്ന് വഴി കാണിച്ചു കൊടുക്കും അപ്പം അത് നല്ലതാണ് ആ ജീവനും നല്ലതാണ് അതൊരു വലിയ ആശ്രമത്തിനും നല്ലതാണ് അപ്പം അതുപോലെ എന്താണ് യമലോകത്തിൽ ചെലപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് യമലോകത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്സരസുകൾ മറ്റും കാണിച്ചു കൊടുക്കുന്നത് ഇതുവഴി പോയാൽ നിനക്ക് പുറത്ത് പോകാം പക്ഷെ അവിടെ നിന്ന് പുറത്തു പോകത്തില്ല അവിടെ തന്നെ പിടിച്ചു നിൽക്കും അതനുസരിന്താ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കുന്നതിന് അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് പുത്രാദിപന്യാസേന ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യമലോകത്തി എന്നത് അവിടെയും കാണിച്ചു കൊടുക്കുന്നെയാണ് എന്താണ് പുത്രനും ഭാര്യയും ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് പ്രലോഭനം കറിയല്ലേ പ്രലോഹിപ്പിക്കുകയാണ് ഗുരു ഇത് ചെയ്യാമോ ഇതൊരു കടുത്ത പരീക്ഷണമല്ലേ തോന്നിപ്പോകും പക്ഷെ ആവശ്യമാണ് ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം നചികേതൃതീയം നചികേതു മൂന്നാമത്തെ വരം നീകരിച്ചുകൊണ്ട് നൈ കേസ് അടുത്ത് ആവശ്യപ്പെടുകയാണ് എമ്മ ദൈവനോട് അതാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് അടുത്ത മന്ത്രത്തിൽ പത്താമ ഇരുപതാമത്തെ മന്ത്രത്തിൽ